അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ അല്ലെങ്കിൽ പിടിക്കാൻ കൈകളുണ്ടോ അതോ കാണാൻ കണ്ണുകളുണ്ടോ അതോ കേൾക്കാൻ ചെവികളുണ്ടോ പറയുക നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചുകൊള്ളുക പിന്നീട് എന്നോട് തന്ത്രം പ്രയോഗിക്കുവിൻ എനിക്കൊട്ടും സമയം നൽകേണ്ടതില്ല